അദ്ദേഹം പറഞ്ഞു എൻറെ ഈ രണ്ട് പെൺമക്കളിൽ ഒരാളെ നിനക്ക് വിവാഹം ചെയ്തു തരാൻ ഞാൻ ആഗ്രഹിക്കുന്നു എട്ടു വർഷം നീ എനിക്ക് വേണ്ടി ജോലി ചെയ്തു തരികയാണെങ്കിൽ നീ പത്തുവർഷം പൂർത്തിയാക്കുകയാണെങ്കിൽ അത് നിന്റെ ഇഷ്ടപ്രകാരമാകട്ടെ നിനക്ക് പ്രയാസമുണ്ടാക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല അള്ളാഹു സുബഹാനുഹൂവ തയാല ഉദ്ദേശിക്കുന്നുവെങ്കിൽ സൽസ്വഭാവികളിൽപ്പെട്ട ഒരാളായി നീ എന്നെ കണ്ടെത്തും